സത്യവിശ്വാസികളെ നിങ്ങൾ യഹൂദരെയും ക്രൈസ്തവരെയും മിത്രങ്ങളാക്കരുത് അവരിൽ ചിലർ ചിലരുടെ മിത്രങ്ങളാണ് നിങ്ങളിൽ ആരെങ്കിലും അവരെ മിത്രമാക്കിയാൽ അവൻ അവരിലുൾപ്പെട്ടവനായിരിക്കും അക്രമികളായ ജനതയെ അള്ളാഹു സുബാനഹൂവറ്റ് ആല നേർവഴിയിലാക്കില്ല